അവർ വ്യർത്ഥമായ സംസാരം കേൾക്കുമ്പോൾ അതിൽ നിന്ന് വിമുഖത കാണിക്കുകയും ഇപ്രകാരം പറയുകയും ചെയ്യുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങളും നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ വിവരമില്ലാത്തവരെ ഞങ്ങൾ തേടുന്നില്ല